അല്ലെങ്കിൽ ആകാശത്തു നിന്നുള്ള ഒരു മഴ പോലെ അതിൽ ഇരുട്ടും ഇടിയും മിന്നലുമുണ്ട് മിന്നൽ ശബ്ദത്തെ ഭയന്ന് മരണത്തെ പേടിച്ച് അവർ തങ്ങളുടെ വിരലുകൾ ചെവികളിൽ വയ്ക്കുന്നു അള്ളാഹുസുബഹാനഹൂവത്ത ആല സത്യനിഷേധികളെ വലയം ചെയ്തിരിക്കുന്നു